വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുസുബഹാനഹുവ തായാലാവിനായി നീതിപൂർവം സാക്ഷ്യം വഹിക്കുന്നവരായിരിക്കുക ഒരു ജനതയോടുള്ള വിദ്വേഷം നിങ്ങൾ നീതി പാലിക്കാതിരിക്കാൻ കാരണമാകരുത് നിങ്ങൾ നീതി പാലിക്കുക അത് ഭക്തിക്ക് ഏറ്റവും അടുത്തതാണ് നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുക തീർച്ചയായും അള്ളാഹുസുബഹാനഹുവ തായാലങ്ങൾ പ്രവർത്തിക്കുന്നത് നന്നായി അറിയുന്നവരാണ്